സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നിരുന്നെങ്കിൽ ആകാശങ്ങളും ഭൂമിയും അതിലുള്ളവരും നശിച്ചുപോകുമായിരുന്നു എന്നാൽ നാം അവർക്ക് അവരുടെ ഓർമ്മപ്പെടുത്തൽ നൽകി പക്ഷേ അവർ തങ്ങളുടെ ഓർമ്മപ്പെടുത്തലിൽ നിന്ന് മുഖം തിരിച്ചവർ തന്നെയാണ്